ഒരു സന്യാസി എല്ലാവർക്കും തത്വോപദേശം ചെയ്യുന്നു ഒരു ദിവസം അദ്ദേഹം അഹിംസയെ കുറിച്ച് ലെക്ചർ ചെയ്തു സന്യാസിയുടെ കട്ടിലെ അടിയിൽ ഒരു പൂച്ചയുണ്ട് പൂച്ചയും ഈ ലെക്ചറൊക്കെ കേട്ടുകൊണ്ടിരുന്നു ആ പൂച്ച പുറത്തു വന്നിട്ട് സ്വാമിക്ക് നമസ്കാരം പറഞ്ഞു സ്വാമി വളരെ എനിക്ക് നിങ്ങളുടെ ലെക്ചർ വളരെ ഇഷ്ടപ്പെട്ടു എനിക്കും അഹിംസ പരമോധർമ്മ എന്നുള്ളത് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് ആരെയും ഹിംസിക്കാൻ പാടില്ലയെന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഹിംസിക്കാതിരിക്കാൻ ഉപദേശിക്കണം അപ്പൊ സ്വാമി പറഞ്ഞു പൂച്ചയെ വളരെ നല്ലത് ആരെയും ഹിംസിക്കരുതെന്ന് തോന്നുന്നുണ്ടല്ലോ വളരെ നല്ലതാണ് ഇനി ഒരു കാര്യം ചെയ്യാം നാളെ മുതൽ മാംസഭക്ഷണം ഒന്നും കഴിക്കരുത് ഓ ഒന്ന് പറഞ്ഞു അതിനെന്താ വഴി എനിക്ക് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പൂച്ച വന്ന് പറഞ്ഞു സ്വാമി എലിയെ കണ്ടാൽ എന്നെ കൊണ്ട് അടഞ്ഞിരിക്കാൻ പറ്റുന്നില്ല അതിനെന്തെങ്കിലും മന്ത്രം ഉപദേശിച്ചു തരുമോ സ്വാമി ഒരു മന്ത്രമൊക്കെ ഉപദേശിച്ചു കൊടുത്തു ന ഒരു മന്ത്രം ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു ഈ പൂച്ച ഏകാന്തത്തിൽ ഇരുന്ന് മന്ത്രം ജപിച്ചുകൊണ്ടേ ഞാൻ മൂഷികം ഭക്ഷയാമി ദിവസം മന്ത്ര പൂച്ച കൃത്യമായിട്ട് ജപിക്കുന്നുണ്ടോ സ്വാമി നോക്കിക്കോളും ഒരു ദിവസം ഈ മന്ദിരം ജപിച്ചുകൊണ്ടേ ഇരിക്കുമ്പോ തന്നെ കറകമ്പുറും കറമുറും ശബ്ദം കേൾക്കണം സ്വാമി നോക്കുമ്പോ പൂച്ച ആസനത്തിലൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷെ വായിൽ എന്തോ ഉണ്ട് എന്താണോ ചോദിച്ചത് ഇങ്ങനെ ഒരു എലി ചാടിപ്പോയി അറിയാതെ എടുത്ത് വായിലിട്ടു സ്വാമി പറഞ്ഞു നല്ലതായി എന്നെ പോയി ഞാൻ അഹിംസ പഠിപ്പിച്ചുവല്ലോ എന്നെ വേണം പറയാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട് നീ അഹിംസ സ്വീകരിച്ചാൽ ഈ വീട്ടിലിപ്പോ ഞാൻ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും എലികൾ അത്ര നിറയാണ് പൂച്ചയെ തന്നെ എലി ഭക്ഷണത്തോടുകൂടിയാണ് ഒരു ജീവി മറ്റൊരു ജീവിക്ക് മൃത്യു പ്രകൃതിയുടെ നിയമമാണ് അഹസ്താനി സഹസ്താനാം ദ്വിപദാനി ചതുഷ്പദാം ഫൽഗൂനി തത്ര മഹതാം ജീവോ ജീവസ് ജീവനം ഭാഗവതം തന്നെ പറയണത് ഒരു ജീവിക്ക് മറ്റൊരു ജീവി ജീവനമായിട്ടിരിക്കുമ്പോ അയ്യാ ഞാൻ ഭക്ഷിക്കില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നു ഭക്ഷിക്കേണ്ടി വരും പൂച്ചയ്ക്ക് പൂച്ചയുടെ സ്വഭാവമാണ് അതേ അതേപോലെ അർജുനന്റെ സ്ട്രക്ചർ തന്നെ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് കുട്ടിക്കാലം മുതൽ ക്ഷത്രിയ വംശത്തിൽ ജനിച്ചു ആരും പറഞ്ഞുകൊടുക്കാതെ പൂർവവാസന വാസന വാസനയ്ക്ക് അനുസരിച്ച് യുദ്ധം ചെയ്യാനുള്ള ഫാക്കൾട്ടി അർജുനന്റെ ഉള്ളിലുണ്ട് ദ്രോണാചാര്യർ തന്റെ ശിഷ്യന്മാർക്കൊക്കെ യുദ്ധം പഠിപ്പിച്ചു കൊടുക്കുമ്പോ അസ്ത്രവിദ്യ പഠിപ്പിച്ചു കൊടുക്കുമ്പോ ഒരു അസ്ത്രം മാത്രം ആർക്കും പഠിപ്പിച്ചു കൊടുത്തില്ല അത് അതായത് ഒരിടത്തും എന്താ വസ്തുവിനെ കാണാതെ അസ്ത്രം അയച്ചിട്ട് ആ വസ്തുവിനെ വസ്തുവിന്റെ മേലെ അസ്ത്രം ഏൽക്കാനുള്ള ഒരു വിദ്യ ഒരു പാചകക്കാരനുണ്ടായിരുന്നു ഈ വിദ്യാർത്ഥികൾക്കൊക്കെ ആഹാരം കൊടുക്കാനായിട്ട് ആ പാചകക്കാരനോട് പ്രത്യേകം പറഞ്ഞു വെച്ചു ദ്രോണാചാര്യൻ ഒരു കാരണവശാലും അർജുനൻ ഊണ് കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യവഹരിക്കുന്ന സമയത്തോ വിളക്കില്ലാതിരിക്കാൻ അനുവദിക്കേ കരുതെന്നാണ് വിളക്കുള്ള സമയത്ത് മാത്രമേ അവൻ ഉണർന്നിരിക്കുമ്പോഴൊക്കെ അവന് വിളക്കുണ്ടാവണം ഒരു ദിവസം അർജുനൻ ഊണ് കഴിക്കുമ്പോ വിളക്ക് കേട്ടുപോയി ദ്രോണാചാര്യർ രാത്രി ഇരുട്ടത്തൊരു ശബ്ദം കേട്ടു ഉറങ്ങി എഴുന്നേറ്റ പണ്ട് അർജുനൻ എവിടെയോ ഒരു മരത്തിന്റെ ചോട്ടലിൽ നിന്ന് കണ്ണ് തുണി കൊണ്ട് കെട്ടിയിട്ട് അസ്ത്രം അയക്ക ഏതോ ഒരു ലക്ഷ്യത്തിലേക്ക് ദ്രോണാചാര്യർ അർജുനനോട് ചോദിച്ചു നിനക്ക് ഈ വിദ്യ ആര് പഠിപ്പിച്ചു തന്നു പറഞ്ഞു ആചാര്യരെ ആരും പഠിപ്പിച്ചില്ല പക്ഷെ ഇതിന് സാധ്യതയുണ്ടെന്ന് എനിക്കിന്ന് മനസ്സിലായി ഞാൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിളക്ക് കെട്ടുപോയപ്പോ വിളക്കില്ലാതെ തന്നെ കയ്യെ യാതൊരു സന്ദേഹമില്ലാതെ ആഹാരം വായിലേക്ക് കൊണ്ടുപോകണുണ്ട് പരിശീലനം കൊണ്ട് ഇത്രയും നാച്ചുറലായിട്ട് ദൃഷ്ടിയില്ലാതെ തന്നെ അമ്പ അമ്പയ്യാനും കഴിയുമെന്ന് ഞാൻ ഇതുകൊണ്ട് ഒന്ന് ഒന്ന് പരിശ്രമിച്ചു നോക്കുകയാണെന്നാണ് ഇത്രയധികം ഈ അസ്ത്രവിദ്യയില് ഇദ്ദേഹത്തിന് ജന്മവാസന ഉണ്ട് സന്യാസത്തിൽ ജന്മവാസന ഇല്ല അതെങ്ങനെ അറിഞ്ഞു എന്ന് വെച്ചാൽ സുഭദ്രയെ കല്യാണം കഴിച്ചുകൊണ്ടുവന്നത് അങ്ങനെയാണ് സന്യാസി വേഷം കെട്ടിക്കൊണ്ടു പോയതാണ് ഭഗവാന്റെ അടുത്തേക്ക് അവിടെ ചെന്നപ്പോ ഭഗവാനോട് ചോദിച്ചു ഭഗവാനെ ആ പെൺകുട്ടി ആരാച്ച് ഭഗവാൻ പറഞ്ഞു ഞാൻ ഒക്കെ ഏർപ്പാടാക്കി തരാം കൂട്ടിക്കൊണ്ടുപോയോ ആ വാസന അങ്ങനെയുള്ള ആള് ഞാൻ എന്തിന് യുദ്ധം ചെയ്യണം എന്ന് വെച്ചാൽ യുദ്ധമാണ് അർജുനന് യുദ്ധവാസന ഉള്ളിലുണ്ട് ആ യുദ്ധവാസന നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല ആ ക്വസ്റ്റ്യൻ മനസ്സിലാവുണ്ടോ ഡെപ്ത് നമ്മളുടെ ഉള്ളിൽ ഒരു വാസന ഉണ്ടെങ്കിൽ ആ വാസന നല്ലതോ ചീത്തയോ ഈ നല്ലതേ ചീത്തയോ ഒക്കെ പുറമേന്ന് ആരെങ്കിലും പറയുന്നതാണ് അത് ഞാനിപ്പോൾ നല്ലതെന്ന് പറഞ്ഞാൽ ഞാൻ ചീത്ത എന്ന് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടല്ലോ ഹൗ ടു ഇറാഡിക്കേറ്റ് ഇറ്റ് അതാണല്ലോ തലവേദനിക്കുന്നത് നല്ലതല്ല നല്ലവർക്ക് തലവേദന വരില്ല എന്നിപ്പോ ആരെങ്കിലും നിയമം ഉണ്ടാക്കിയാൽ നമ്മൾ വേണമെങ്കിൽ തലവേദന ഇല്ലാത്ത പോലെ നഴിക്കും പക്ഷെ തലവേദന ഉണ്ടല്ലോ വിഷമിക്കണമല്ലോ എന്ത് ചെയ്യും സ്വഭാവ ദൂഷ്യമുള്ളവർക്കേ വേർ വേദന വരുള്ളൂ നാളെ എവിടെയൊക്കെ പ്രചരിപ്പിച്ചാൽ വേറുവേദന വന്നാൽ നമ്മൾ ആരും വീട്ടിലുള്ളൂ ഒന്നും പറയില്ല പക്ഷെ വേർ വേദനിക്കും എന്ത് ചെയ്യും അതേപോലെ യുദ്ധം ചെയ്യരുത് ചെയ്യുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യം യുദ്ധവാസന അർജുനന്റെ ഉള്ളിൽ ഇങ്ങനെ ഊറി ഊറി ഊറി നിൽക്കണ നമ്മളിൽ എന്ത് വാസനയുണ്ടോ ആ വാസന കഴുകിക്കളയണമെങ്കിൽ ആ വാസന വീണ്ടും ആവിർഭവിക്കാതെ ഇരിക്കണമെങ്കിൽ ആ വാസനക്കനുസരിച്ചിട്ടുള്ള ആ കർമ്മത്തിനെ നിഷ്കാമ്യമായിട്ട് ഞാൻ ചെയ്യണമെന്നുള്ള ഭാവമില്ലാതെ അതിൽ യാതൊരു സംഘവും ഇല്ലാതെ ചെയ്ത് തീർക്കുകയാണെങ്കിൽ അതില്ലാതാവും ഇതാണ് ധർമ്മയോഗത്തിന്റെ ഒരു സീക്രട്ട് സാധാരണ ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മമൊന്നും അങ്ങനെ ഇല്ലാതാവണില്ല കാരണം ആഗ്രഹത്തോടുകൂടെ അതിൽ ഫലം കിട്ടണം വീണ്ടും വി ഹാവ് ടു എക്സ്റ്റെൻഡ് ദാറ്റ് ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ആ കർമ്മം ചെയ്യണത് സംഘമില്ലാത്തൊക്കെ വിട്ടുപോകും ഉത്തമ ദൃഷ്ടാന്തം പറയാം സ്കൂളില് കോളേജില് എന്തൊക്കെയോ ഞാൻ പഠിച്ചു ഇപ്പോ ഒന്നും ഓർമ്മയില്ല എന്താ കാരണമെന്ന് വെച്ചാൽ അതൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് തീർത്താൽ മതി ഒന്ന് പഠിച്ചതുകൊണ്ട് അതിൽ സംഘമേയില്ല നാച്ചുറലായിട്ട് അതിൽ ഉണ്ടായില്ല അതൊക്കെ പരീക്ഷയ്ക്ക് എല്ലാവർക്കും ഉള്ള പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചതൊക്കെ നോക്കുക ഒക്കെ പോയി കാരണം എന്താ വാസനയെ ഇല്ല അതിൽ അത് വെറും ഒരു കർത്തവ്യം മാത്രമായിട്ട് ചെയ്തതുകൊണ്ട് എന്താ കർത്തവ്യം കഴിഞ്ഞതോടുകൂടെ ഇറ്റ് ഡിസപ്പിയസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും ചെയ്ത കാര്യമാണ് സമയം എല്ലാവരും ചെയ്ത കാര്യമാണത് ഓഫീസിൽ ജോലി ഇപ്പൊ അവര് ചിലരൊക്കെ വലിയ വലിയ ജോലിയിലുണ്ടായിരുന്നവരുണ്ട് അവർക്കൊക്കെ അവരുടെ ആ ജോലിയിലുള്ള കാര്യങ്ങളൊക്കെ റിട്ടയർമെന്റായി ഒരു നാലു വർഷം കഴിയുമ്പോഴേക്കും ഒക്കെ പോണുബ്രൈണ് ഒരുപക്ഷെ അവരെ വീണ്ടും അതേ കമ്പനിയിൽ കൊണ്ടുപോയിട്ട് കാണിച്ചാൽ അവർക്ക് അവിടുത്തെ ഒന്നും മനസ്സിലാവില്ല പലരും പറഞ്ഞിട്ടുണ്ടത് ഈ ഒരു ഫിനോമിനാണ് കാരണം എന്താന്ന് വെച്ചാൽ അവരവിടെ വാസനാബദ്ധമായിട്ടല്ല പ്രവർത്തി ചെയ്തത് എന്തോ തൊഴിൽ ചെയ്യണം അത് കർത്തവ്യം കാര്യമിത്യേവർമ്മ ചെയ്തു അത്രയുള്ളൂ അതുകൊണ്ട് എന്താ അത് പോയിപ്പോയി അതേപോലെ തന്നെ നമ്മളുടെ ശാരീരികമായ എല്ലാ കർമ്മങ്ങളും എന്തോ ചെയ്യണമല്ലോ എന്നുള്ള ഭാവത്തിൽ ചെയ്യുന്നതൊക്കെ നമ്മളെ വിട്ടുപോകും ആഗ്രഹത്തോടുകൂടെ വിത്ത് അംബീഷൻ വിത്ത് ഡിസയർ വിത്ത് ക്രേവിംഗ് വാട്ട് യു ഡു ഇറ്റ് വിൽ സ്റ്റിക് ടു യു ഒരിക്കലും വിട്ടുപോല അതതിന്റെ നിയമമാണ് അവശാ കർമ്മ സർവ പ്രകൃതി ഗുണേഹി അതുകൊണ്ട് ഭഗവാനോട് പറഞ്ഞ എല്ലാവരും ലോകത്തിലുള്ള എല്ലാവരും അവരവരുടെ പ്രകൃതി സത്വഗുണ പ്രകൃതിക്കാരാണെങ്കിൽ അവര് സാത്വികമായ പ്രവൃത്തി ചെയ്തുകൊണ്ടേരിക്കും പൂജ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും ജപം ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ പാട്ടുപാടിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉപകാരം ചെയ്തുകൊണ്ടേ എന്തെങ്കിലും അവർക്ക് സാത്വികമായ പ്രവൃത്തി അവരുടെ സ്വഭാവമാണ് അവരെ കൊണ്ട് രാജസ പ്രവൃത്തി ചെയ്യിപ്പിക്കാൻ പറ്റില്ല സത്വപ്രകൃതിക്കാരെ കൊണ്ടുപോയിട്ട് യുദ്ധഭൂമിയിൽ നിർത്താൻ പറ്റുമോ അവരെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കാൻ ഒക്കോ അവർക്ക് യുദ്ധം ചെയ്യാനേ സാധിക്കില്ല രാജസ പ്രകൃതിക്കാരെ കൊണ്ടുപോയി സാത്വികമായ പ്രവൃത്തി ചെയ്യിപ്പിക്കാനും അപ്പൊ എന്താവും ആ സാത്വികമായ പ്രവൃത്തിയെ അവര് രാജസമാക്കി തീർക്കും അതാണ് ഇപ്പൊ നമ്മളൊക്കെ കണ്ടുവരുന്നത് സൊസൈറ്റികളിൽ സാത്വികമായി പ്രവൃത്തി മണ്ഡലത്തിൽ രാജസപ്രകൃതിക്കാർ വന്നാൽ ശിവാനന്ദ സരസ്വതി ആരോ പറഞ്ഞു അങ്ങനെ എന്താണ് ഒരു വലിയ ഹോട്ടൽ ഉണ്ടാക്കാനുള്ള വാസന ഉള്ള ആള് സന്യാസമെടുത്താൽ സ്വാമി എന്താവും ചോദിച്ചു അദ്ദേഹം ഹോട്ടല് പോലെ ഒരു ആശ്രമം തുടങ്ങുന്നു സത്യമാണത് അവിടെ പോയാൽ അതേ വാസന വേറെ ഒരു പരിവേഷത്തിൽ അവിടെ ആവേർഭവിക്കും യു കനോട്ട് ജമ്പ് ഔട്ട് ഓഫ് യുവർ സെൽഫ് പക്ഷെ നമ്മളുടെ ഗുണഘടന നമുക്ക് മാറ്റിമറിക്കാനും ഗുണഘടനയെ കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിക്കാനും നമുക്ക് കഴിയും പക്ഷെ അതിനെന്ത് വേണം ഇപ്പൊ ഭഗവാൻ പറഞ്ഞ പോലെ കേൾക്കണം അർജുനൻ അതിനാണ് ഒരു സദ്ഗുരുവിന്റെ കടാക്ഷം കൃപാകടാക്ഷം വേണം നമ്മളുടെ വാസനക്കനുസരിച്ച് നമ്മുടെ ഒരു പ്രവൃത്തിയിൽ നിയോഗിച്ച് അത് ചെയ്യാൻ പറഞ്ഞു തന്ന് ആ വാസനയെ ഒഴിച്ചു മാറ്റാനുള്ള ആ സീക്രട്ടായിട്ടുള്ള അൽക്കമി അൽക്കമി എന്ന് പറയും ഇംഗ്ലീഷിൽ അതായത് ഇരുമ്പിനെയോ അല്ലെങ്കിൽ ലഡൊക്കെ സ്വർണമാക്കി മാറ്റുക സിദ്ധന്മാരൊക്കെ പഴയ കാലത്ത് അതിന് ശ്രമിച്ചിട്ടുണ്ടെന്നാണ് കല്ലിനെ സ്വർണ്ണമാക്കുക അതേപോലെ അതൊക്കെ തന്നെ സിംബോളിക് ലാംഗ്വേജ് ആണ് പ്രാകൃതമായിട്ടിരിക്കുന്ന ജീവൻ തനീ തങ്കമായിട്ട് പ്രകാശിക്കാം ജ്വലിക്കാം അതെങ്ങനെ സാധ്യമാകും കർമ്മം നമ്മള് നമ്മൾ വിട്ട് ഗുണഘടന നമ്മളെ വിട്ടു പോകണം ഗുണഘടന നമ്മളെ വിട്ട് മാറിക്കഴിയുമ്പോ സ്വയമേവ സ്വതന്ത്രമാവും അതിന് പ്രകൃതിജമായിട്ടുള്ള നമ്മളുടെ ഗുണത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചു നോക്കുക അത് പഴയ കാലത്തൊക്കെ ആകുമ്പോൾ വർണ്ണാശ്രമ ധർമ്മങ്ങൾക്ക് അനുസരിച്ച് അവരവരുടെ മാർഗത്തിനനുസരിച്ചുള്ള പ്രവൃത്തി എന്ന് വെച്ചിരുന്നു ഇപ്പൊ ആകപ്പാടമൊക്കെ കൂടി കുഴച്ചതുകൊണ്ട് ഓരോരുത്തരും നിശ്ചയിക്കണം അവർക്ക് രാജസിക ഭാവമുണ്ടോ സാത്വികഭാവമുണ്ടോ താമസഭാവമുണ്ടോ അതിനനുസരിച്ചുള്ള പ്രവൃത്തി ജ്ഞാനികളിൽ പോലും ഈ വ്യത്യാസം കാണാം ചിലർ ജ്ഞാനം നേടിയവര് ചിലർ പൂജയും അനുഷ്ഠാനവും തപസ്സുവായിട്ടിരിക്കും ചിലർ ജനകനെ പോലെ രാജാക്കന്മാരായിട്ടിരിക്കും ചിലർ താമസകർമ്മം ചെയ്തവർ പോലും ഉണ്ട് മഹാഭാരതത്തിൽ ധർമ്മവ്യാധൻ എന്ന് പറയുന്ന ആള് മാംസ വിക്രയം അയാൾ പെട്ടെന്ന് ഉപേക്ഷിച്ചില്ല എന്താന്ന് വെച്ചാൽ അയാളുടെ പ്രവൃത്തി അതാണ് അവരവളെ ഉപേക്ഷിച്ചില്ല ഞാൻ ഇനി ജ്ഞാനം നേടിക്കഴിഞ്ഞ് ഇനി ഞാൻ സന്യാസിയായിട്ടേ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞില്ല ബോംബെയിൽ ഈ അടുത്ത കാലത്ത് ഒരു മഹാത്മാ ഉണ്ടായിരുന്നു അദ്ദേഹം ബീഡി തിരക്കുന്ന ജോലിയായിരുന്നു നിസർഗത്ത മഹാരാജ് വീട് തിരച്ചുകൊണ്ടിരിക്കുക അത് എന്നെ ചെയ്തുകൊണ്ടിരുന്നു അദ്ദേഹം പൂർണ്ണ ജ്ഞാനസ്ഥിതിയിലിരുന്നു കൊണ്ട് വീട് തിരിച്ചുകൊണ്ട് വൈകുന്നേരമായാൽ ജ്ഞാനേശ്വരി പ്രഭാഷണം നടത്തും രാവിലെ ആയാൽ സ്വതന്ത്രമായി സത്സംഗം അതിന് പിൽക്കാലത്ത് ലോകത്തിലൊന്നും പല ആളുകളും അവിടെ വന്നു നിറഞ്ഞു അദ്ദേഹത്തിന്റെ ജോലിയോ പിടി ജോലി എന്താ അദ്ദേഹത്തിന് ആ കർമ്മമാണ് വിധിച്ചിരിക്കുന്നത് അദ്ദേഹം ഈ ജ്ഞാനത്തിന് പരിശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ അജ്ഞാനദശയിൽ തന്നെ തുടങ്ങിയ കർമ്മമാണത് അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹം പരമ്പരയായി ചെയ്ത കർമ്മം എന്ത് ചെയ്യും അതുകൊണ്ട് തന്നെ ഇവിടെ അർജുനന്റെ ബുദ്ധിയാണ് പറയണത് ഞാൻ യുദ്ധം ചെയ്യില്ലയെന്നേ അർജുനന്റെ വാസന പറയണു എനിക്ക് യുദ്ധം ചെയ്തേ നോക്കൂ ഭഗവാൻ ബുദ്ധിയെ നോക്കിയില്ല ഭഗവാൻ അർജുനന്റെ വാസനയാണ് നോക്കിയത് ഇപ്പോൾ യുദ്ധം ചെയ്യുമെന്ന് ഇപ്പൊ യുദ്ധം ചെയ്യും യുദ്ധം ചെയ്യാതിരിക്കാൻ നിനക്ക് സാധ്യമല്ല പൂച്ചയെ സാത്വിക അഹിംസ പഠിപ്പിച്ച പോലെയാവും യുദ്ധം ചെയ്യാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവശ ഓരോരുത്തരും അവരവരുടെ പ്രകൃതിയുടെ വശത്തിലാണ് ഓരോരുത്തരെയും അവരവരുടെ പ്രകൃതി കൺട്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആർക്കും അവരവരുടെ പ്രകൃതിയെ മാറ്റിമറിക്കാൻ സാധ്യമല്ല നമ്മളുടെ വശത്തിലല്ല പ്രകൃതി പ്രകൃതിയുടെ വശത്തിലാണ് നമ്മളുടെ ശരീരവും മനസ്സും ഒക്കെ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യത്തെ ഹി സർവപ്രകൃതി ചെയ്യർ ഗുണൈഹി അപ്പോ ബലമായിട്ട് ഞാൻ അതൊക്കെ പിടിച്ചു നിർത്തും എന്ന് പറഞ്ഞാലോ ഒരുപക്ഷെ ശരീരം കൊണ്ട് ചിലപ്പോൾ വില്പവർ കൊണ്ട് പിടിച്ചു നിർത്തി വരാം എന്നാലും ഉള്ളില് മനസ്സെന്ന് ഒരാളുണ്ടല്ലോ ഈ വിൽ സ്റ്റാർട്ട് ഡ്രീമിംഗ് സ്വപ്നത്തില് അതിലൊക്കെ ആഗ്രഹങ്ങൾ പോയിക്കൊണ്ടിരിക്കും ഉള്ളില് അതിന്റെ ആഗ്രഹം പ്രബലമായിക്കൊണ്ടേയിരിക്കും പുറമേക്കൊക്കെ ഉപേക്ഷിച്ചാലും അകമയ്ക്കത് ബലമായി പൊന്തി പൊന്തി വരും ഇതാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയണത് നോക്കാം ഇന്ദ്രിയ സംയമ്യാസ്മരൻ ഇന്ദ്രിയർ വിമൂഢാത്മാ മിഥ്യത്തെ കർമ്മേന്ദ്രിയം എന്നുള്ള ജ്ഞാനേന്ദ്രിയവും അടങ്ങി ഗീതയിൽ ജ്ഞാനേന്ദ്രിയം എന്ന് പ്രത്യേകം വാക്ക് പറഞ്ഞില്ല ഭഗവാൻ ഇതും കർമ്മം തന്നെയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ ചെയ്യുന്നതും കർമ്മം തന്നെയാണ് അതുകൊണ്ട് ബാഹ്യമായി ഇന്ദ്രിയങ്ങളെ മാത്രം അടക്കി പിടിച്ചുകൊണ്ട് ഇരുന്നാലും മനസ്സുണ്ടല്ലോ അത് വിഷയങ്ങളെ സ്മരിച്ചുകൊണ്ട് തന്നെ ഭരതൻ പുറമേക്ക് എല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയി ധ്യാനം വിൽപ്പവർ കൊണ്ട് നല്ലവണ്ണം യോഗാഭ്യാസം ചെയ്ത് ധ്യാനം ചെയ്തുവെങ്കിലും മനസ്സ് മാനിന്റെ അടുത്തേക്ക് ഓടിപ്പോയി വീണ്ടും ഒരു ജന്മം മാനായിട്ട് ജനിക്കേണ്ടി വന്നു പുറമേക്ക് ഉപേക്ഷിച്ചാലും അകമയ്ക്ക് വാസന നമ്മൾ ചിലപ്പോ അതിക്രമിച്ചു കളയുന്നു പുനർജന്മത്തിന് ചിലപ്പോ അത് കർമ്മേന്ദ്രിയണി സംയമ്യേ മനസാസ്മരൻ മനസ്സുകൊണ്ട് സ്മരിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ വിമൂഢാത്മാ അവൻ അജ്ഞാനിയാണ് അവന്റെ ആത്മ സ്വരൂപം മറയ്ക്കപ്പെട്ടിരിക്കുന്നു ഇന്ദ്രിയാർത്ഥാൻ യഹസ്മരത്തി സവിമൂഢാത്മാ അവനെ ഭഗവാൻ ഒരു പേര് പറഞ്ഞു മിഥ്യാചാരസുച്ചതെ അവൻ മിഥ്യാചാരനാണ് മിഥ്യാചാരം എന്ന് വെച്ചാൽ അവൻ പുറമേക്ക് ചിലപ്പോ പലതും ചെയ്യും പക്ഷെ അവന്റെ ആചാരമൊക്കെ തന്നെ പച്ചവെള്ളത്തിൽ എഴുതുന്ന പോലെയാണ് മിഥ്യന്ന് വെച്ചാൽ യൂസ്ലെസ് അർത്ഥം ആചാരം ധാരാളം പ്രവൃത്തി നടക്കണു പക്ഷെ ആ പ്രവൃത്തിയൊക്കെ അവസാനം കണക്ക് നോക്കുമ്പോ ഒന്നുമില്ല ശരീരം എന്തൊക്കെയോ ചെയ്യും ശരീരം ചെയ്യുന്നതിനെ പ്രവൃത്തിയായിട്ടേ കണക്കാക്കിയിട്ടില്ല ുള്ള വാസന ഭാവമാണ് മുഖ്യം ഇപ്പൊ നാളെ ചിലപ്പോൾ പൂജ ചെയ്യാനുള്ള മെഷീനൊക്കെ കണ്ടുപിടിക്കും ഇങ്ങനെ പോയാൽ ഒക്കെ വേണ്ടി വരും നമ്മളുടെ അമ്പലങ്ങളിലൊക്കെ റോബോട്ട് പൂജ ചെയ്യും പക്ഷെ അത് പൂജയാവോ പെർഫെക്റ്റ് ആയിട്ട് മന്ത്രമൊക്കെ ചൊല്ലി മണിയൊക്കെ അടിച്ച് എല്ലാ ആചാരങ്ങളും ഒക്കെ സ്വരത്തോടുകൂടെ വേദം ചൊല്ലും പക്ഷെ റോബോട്ട് പൂജ ചെയ്താൽ നമ്മളുടെ മഠയന്മാർ അതൊക്കെ റോബോട്ട് പൂജ ചെയ്താൽ പൂജയാവോ അതിന് പൂജ ചെയ്താലും അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല ആരെങ്കിലും ഒക്കെ കൊന്നാലും അതിനറിയില്ല അത് ജഡമാണ് അതിനൊരു ഭാവവും ഇല്ല അപ്പൊ പൂജ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരീരം ചെയ്യുന്ന കർമ്മമല്ല ശരീരം ചെയ്യുന്ന കർമ്മമാണ് പൂജ എങ്കിൽ ഈ മെഷീൻ പൂജ ചെയ്താലും മതി നാളെ മനുഷ്യരെ കാട്ടിലും നന്നായിട്ട് പൂജ ചെയ്യും മഴ കാണിക്കാതെ പൂജ ചെയ്യും പക്ഷെ അത് പൂജയാവോ അതിൽ ഭാവം ഉണ്ടാവോ അപ്പൊ ഒരു ഹൃദയം വേണം അതിന് പുറകില് അല്ലേ അപ്പോ അതേപോലെ ഭഗവാനോട് മിഥ്യാചാരം എന്ന് പറയണത് മെഷിൻ പോലെ കർമ്മം ചെയ്യുന്നവനെയാണ് മിഥ്യാചാരം എന്ന് പറയുന്നത് ശരീരം എന്തൊക്കെയോ അടക്കി പിടിച്ചിട്ടും പല കാര്യങ്ങളും ചെയ്താലും അതേ ആചാരവും ഒക്കെ തന്നെ മിഥ്യയാണെന്ന് എന്താന്ന് വെച്ചാൽ അതിന് പുറവിൽ പുറകിൽ അവന് ഭാവമേയില്ല അവന്റെ ഉള്ളിലോ വേറെ എവിടെയോ ആണ് രാമകൃഷ്ണൻ പരമഹംസരെ ഒരിക്കൽ ്രഹ്മസമാജക്കാർ ഒരു മെഡിറ്റേഷൻ ക്ലാസ്സിനും കൂട്ടിക്കൊണ്ടുപോയി വിജയകൃഷ്ണ ഗോസ്വാമി കേശവചന്ദ്രസേൻ അവരൊക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ള സമയം അവരൊക്കെ കൂടെ അന്ന് പറയാ ഹിന്ദുമതമൊന്നും ശരിയില്ല ഇവിടെ എന്തോ പൂജ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു കാര്യമില്ല കുറച്ച് ക്രിസ്തു മതത്തൊന്നും കുറച്ചെടുക്കുക ഹിന്ദുമതത്വം കുറച്ചെടുക്കുക ഒക്കെ കൂട്ടിക്കൊഴിച്ചിട്ട് ഒരു മതം ഉണ്ടാക്കിയവർ എന്നിട്ട് അവരൊക്കെ കൂടെ മണിയടിക്കും എല്ലാവരും വളരെ നിഷ്ഠയായിട്ടിരിക്കും ചെറുപ്പക്കാരൊക്കെ അട്രാക്റ്റഡ് ആയവെ എന്താന്ന് വെച്ചാൽ പുറമേക്കൊക്കെ ഉണ്ടേ നല്ല നിഷ്ഠയുണ്ട് ക്ലീനായിട്ടിരിക്കണം നമ്മളുടെ അമ്പലങ്ങളൊക്കെ കണ്ടാൽ വൃത്തികേടായിരിക്കും ഒരു ക്ഷണനേരം ഇണ്ടാതിരിക്കില്ല ബഹളം കൂട്ടിക്കൊണ്ടേയിരിക്കും അപ്പൊ അങ്ങനത്തെ ഓർഡറൊക്കെ ഇവിടെ കണ്ടപ്പോൾ എല്ലാവരും ആകൃഷ്ടരായി എല്ലാവരും ധ്യാനിക്കാനായിട്ടൊക്കെ ചെറുപ്പക്കാരൊക്കെ കൂടിയിരുന്നു അപ്പൊ രാമകൃഷ്ണ പരമാംസരെ ഒരു ദിവസം വിജയകൃഷ്ണ ഗോസ്വാമി കൂട്ടിക്കൊണ്ടുപോയി ഇവരൊക്കെ മണിയടിച്ചതും ധ്യാനത്തിലിരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞ് മണിയടിച്ചത് എല്ലാവരും കണ്ണു തുറന്നു രാമകൃഷ്ണ പരമാംസരോട് ചോദിച്ചു ഠാക്കൂർ ഞങ്ങളുടെ ധ്യാനം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു രാമകൃഷ്ണദേവൻ പറഞ്ഞു ദക്ഷിണേശ്വറിൽ അമ്പലത്തില് പൂജ ചെയ്യുമ്പോ ദീപാരാധനക്ക് നട അടയ്ക്കുമ്പോൾ അവിടെ ധാരാളം കുരങ്ങന്മാരുണ്ട് അവരൊക്കെ മരത്തിന്റെ മേലെ കയറി ശ്രീകോവിലേക്ക് നോക്കി നിശ്ചലമായിട്ടിരിക്കും അപ്പൊ പുതിയതായിട്ട് അമ്പലത്തിലേക്ക് വരുന്നവരൊക്കെ വിചാരിക്കും ഈ കുരങ്ങന്മാർക്ക് എന്തോ ഒരു ഭക്തി ഇതുപോലെ ഒരു പ്രതിഭാസം ഞങ്ങൾ ഒരിടത്തും കണ്ടിട്ടില്ല അമ്പലത്തിൽ നട അടച്ചാൽ അവരൊക്കെ ശ്രീകോവിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ചലിക്കാതെ ഇരിക്കുന്നു അവിടെ ഉള്ളവർക്കേ അറിയുള്ളൂ ഇവരെന്തിനാ ഇരിക്കണതെന്ന് വെച്ചാൽ നടൻ തുറന്ന ഉടനെ ആ പ്രസാദം പുറത്തേക്ക് എടുത്തു അത് കൈയിട്ട് വരാനായിട്ട് റെഡിയാവുകയാണ് അതുപോലെയായിരുന്നു ഇവരുടെ ധ്യാനമൊക്കെ എന്നാണ് പക്ഷെ ഉണ്ടാകുമ്പോ ഉള്ളിൽ സ്വയമേവ ധ്യാനം ഉണ്ടാവും വാസനാ അനുദയോ ബോധ ഉപരഥേസ്തു വിവേക ചൂടാമണിയിൽ അധസ്വാമികൾ പറയാണ് വാസന അനുദയോ भोग्ये ഭോഗ്യ വിഷയങ്ങൾ വാസന ഉദിക്കാത്ത സ്ഥിതിക്ക് പേരുപരത്തി അത് തന്നെ ധ്യാനം നമ്മൾ എത്രയോ അനുഭവിച്ചു കഴിഞ്ഞ വിഷയങ്ങൾ ആ വിഷയങ്ങളൊന്നും തന്നെ ഇനിയനുഭവിക്കണം എന്ന രീതിയിൽ ഒരു വാസന ഉദിക്കാതെ ഇന്ധനം കഴിഞ്ഞ അടുപ്പ് മാതിരി അതുകൊണ്ട് തീ കെട്ടുപോയി ഇനി തീ ഉണ്ടാവാനേ സാധ്യതയില്ല അങ്ങനെ നിരന്ധനമായ സ്ഥിതിയെ ധ്യാനം എന്ന് വിളിക്കണം വാസനാശൂന്യമായ സ്ഥിതി ആ വാസനാശൂന്യമായ സ്ഥിതി അതിനെ സ്ഥിതി എന്നും ഭഗവാൻ പറഞ്ഞു ആ വാസനാക്ഷയം അകമയ്ക്ക് വന്നാൽ പുറമേക്ക് സദാ ശരീരം കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നാലും അകമയ്ക്ക് സദാ നിശ്ചലതയുണ്ടാവും ധ്യാനം ഉണ്ടാവും ആത്മാനുഭവം ഉണ്ടാവും ജ്ഞാനികൾ എപ്പോഴും അവർ പ്രത്യേകിച്ച് കണ്ണടച്ചിരുന്നിട്ടില്ലെങ്കിൽ പോലും സദാ ധ്യാനത്തിലാണ് നേരെ മറിച്ച് വാസനാബദ്ധനായ മനുഷ്യൻ സദാ ഇങ്ങനെ കണ്ണടച്ച് പത്മാസനത്തിൽ ഇരുന്നാലും ഉള്ളിൽ ഈ വാസനകൾ ഒഴുകിക്കൊണ്ടേ നടക്കും നമ്മള് പുറമേക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാൽ അകമയ്ക്ക് പ്രബലമായിട്ട് വാസന പൊന്തി വരും സ്ഥിതപ്രത്യലക്ഷണം പറയുമ്പോൾ ഭഗവാൻ ഇതിന് വഴി പറഞ്ഞു ബോധപൂർവം വ്യവഹാര മണ്ഡലത്തിൽ രാഗവും ദ്വേഷവും ഇല്ലാതെ സുഖമാവട്ടെ ദുഃഖമാവട്ടെ വിഷയങ്ങളെയൊക്കെ നമ്മളിൽ നിന്നും തുടച്ചു നീക്കണം ജാഗ്രതാവസ്ഥയിൽ ഭഗവാന് അർപ്പിതമായ ജീവിതത്തോടുകൂടെ ശരണാഗതിയോടുകൂടെ നാമസങ്കീർത്തനം ജപം ധ്യാനം ഭഗവത്കൈങ്കര്യം ഈ ചര്യകളൊക്കെ അഭ്യസിച്ചുകൊണ്ട് തന്നെ പതുക്കെ പതുക്കെ പതുക്കെ രാഗം ദ്വേഷം ഉള്ളെന്ന് നീക്കുകയാണെങ്കിൽ ധ്യാനം എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കേണ്ട ധ്യാനം ആവിർഭവിക്കും ജാഗ്രത അവസ്ഥയില് ബോധപൂർവം ഈ വാസനകളെ ക്ഷയിപ്പിച്ചുകളണെങ്കിൽ ധ്യാനം സ്വയമേവ നമുക്ക് പ്രകാശിക്കും അല്ലാതെ നേരത്തെ ധ്യാനത്തിനെ പിടിച്ച് നിർബന്ധം പിടിച്ചിരുത്തിയാൽ ധർമ്മേന്ദ്രിയങ്ങളൊക്കെ അടക്കിയിരുന്നാലും മനസ്സാസ്മരന് അകമയ്ക്ക് മനസ്സ് വിഷയങ്ങളെ സ്മരിച്ചുകൊണ്ട് ഇരിക്കും അങ്ങനെയുള്ള ആളെ ഭഗവാൻ പറഞ്ഞു മിഥ്യാചാരസുച്ഛ്യതാ വിമൂഢാത്മ മിഥ്യാചാരസുച്ഛ്യത അങ്ങനെയുള്ള ആളെ മിഥ്യാചാരൻ എന്ന് വേണം വിളിക്കാൻ അയാളെ ജ്ഞാനി യോഗി എന്നോ വിളിക്കാൻ നോക്കില്ല നേരെ മറിച്ച് അങ്ങനെയല്ലെങ്കിൽ പുറമേക്ക് ഇന്ദ്രിയങ്ങളിലൊക്കെ നിയന്ത്രിച്ച് ആന്തരികമായി ഞാൻ കർത്താവാണ് ഭോക്താവാണെന്നില്ലാതെ ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് എന്ന് അല്പം വിചാരം ചെയ്ത് നോക്കുകയാണെങ്കിൽ ആഴമായിട്ട് അല്പം വിചാരം ചെയ്തു നോക്കിയാൽ ഞാൻ കർത്ത എന്നുള്ള അഹങ്കൃതി ഉദിക്കാത്ത സ്ഥിതിയില് ശരീരം അനുസ്യൂതം പ്രവർത്തിച്ചാലും ഒരു കുഴപ്പമില്ല നമുക്ക് വേണ്ടത് എന്താ ശാന്തി പൂർണ്ണത അല്ലാതെ ഞാൻ ധ്യാനം കാണി ചെയ്യുന്നു മറ്റുള്ളവരെ കാണിക്കാനല്ലോ നമുക്ക് സ്വാത്മതൃപ്തി എങ്ങനെ വരണമെന്ന് നോക്കണം നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരുന്നാലും ഞാൻ പ്രവൃത്തി ചെയ്യണമെന്നുള്ള ഭാവം അകമേക്കില്ലെങ്കിൽ നമ്മളുടെ ശ്രദ്ധ സ്വരൂപത്തിലാണെങ്കിൽ ഈ പ്രവൃത്തിയൊന്നും നമ്മളെ ബാധിക്കില്ല പ്രവൃത്തിക്ക് ഫലം കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ പൂർണ്ണരായിട്ടിരിക്കില്ല പുറമേക്ക് ഭിക്ഷയെടുക്കണവരായിട്ടിരിക്കില്ല പ്രവൃത്തിയിൽ ആനന്ദമില്ലായ്മയാണ് നമ്മളിൽ ആനന്ദമില്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ഭിക്ഷക്കാരായിട്ട് നടക്കുന്നത് ഒരു പക്ഷെ നമുക്ക് കയ്യില് ഭിക്ഷാപാത്രം ഇല്ലായിരിക്കാം ഉള്ളിൽ ഭിക്ഷാപാത്രം ഉണ്ട് ഉള്ളിലുണ്ട് ഒരു ബഗ്ഗിങ് ബൗൾ ദേഹി ദേഹി നമ്മളുടെ ഏത് സ്തോത്രം എടുത്തു നോക്കിക്കോളൂ ദേഹി ദേഹി ദേഹി ദേഹി എത്ര ദേഹി കഴിഞ്ഞാലും പോരാ അതുകൊണ്ടാണ് നമുക്ക് ഈ ദേഹി ദേഹം വന്നുകൊണ്ടേയിരിക്കുന്നത് അകമയ്ക്കുള്ള ഈ ഭിക്ഷാടനം നിൽക്കുകയാണെങ്കിൽ നമ്മൾ സ്വയം പൂർണ്ണരാണ് പുറമേ നിന്ന് ഒന്നും നമുക്ക് കിട്ടാവുന്നില്ല നമ്മളെ ഈ ശരീരമാണെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ ഒരു വ്യക്തിയാണെന്ന് ധരിച്ചുകൊണ്ടാണ് ഈ ദുഃഖം യഥാർത്ഥത്തിൽ ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് ഈ ശരീരം ഞാനാണോ ഈ ശരീരം ജനിക്കുന്നു ശരീരം പരിണമിക്കുന്നു ശരീരം ക്ഷയിക്കുന്നു മനസ്സ് സദാ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു ബുദ്ധിക്ക് വളർച്ചയും തളർച്ചയും ഒക്കെ ഉണ്ട് പക്ഷെ ഇതൊന്നും ഞാനല്ല ഇതിനൊക്കെ പുറകിൽ ഒരു മാറ്റവും കൂടാതെ സദാ ഏകരസസ്വരൂപമായിട്ട് ഒരു ഉണർവ് അവബോധമുണ്ട് ഞാനുണ്ട് ഞാനുണ്ട് എന്നുള്ള അനുഭവം ഇതൊക്കെ നമുക്ക് സിദ്ധമാണ് മഹാഭൂതോ മഹാനിധി വലിയ നിധി നമ്മളുടെ സ്വരൂപമായിട്ടുണ്ട് ഞാനുണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ അതിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് സ്വയം പൂർണ്ണമാണ് അതിൽ കർമ്മസ്പർശമേ ഇല്ല നമ്മളുടെ ശരീരം എന്ത് കർമ്മം ചെയ്താലും സദാ പ്രവർത്തിച്ചാലും ഇതിനൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ധ്യാനമൊന്നും ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് നഷ്ടപ്പെടില്ല ഞാൻ ആത്മാവാണ് ആത്മാവാണെന്ന് വെച്ചാൽ ആത്മാവാണെന്നൊരു ശബ്ദത്തിലല്ല ആത്മാവാണെന്നുള്ള ഉണർവുണ്ടാവും അവബോധം ഉണ്ടാവും ആ അവബോധം ഞാൻ ഞാൻ ഞാൻ എന്നുള്ള അനുഭവം ആ ഏംന അഹമസ്മി എന്നുള്ളത് തന്നെ പൂർണ്ണ സത്യായിട്ട് പ്രകാശിക്കും അത് തന്നെ ഈശ്വര സ്വരൂപം പരമാത്മ സ്വരൂപം പതുക്കെ പതുക്കെ പതുക്കെ അതിലേക്ക് ശ്രദ്ധ തിരിക്കണം നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ തന്നെ അണ്ണാമതേ സ്വാമികൾ എന്ന് പറഞ്ഞ് ഒരു സ്വാമി ഉണ്ടായിരുന്നു അഞ്ചാറ് വർഷം മുമ്പ് അദ്ദേഹം സമാധിയായി അദ്ദേഹം ഒരു ഘട്ടത്തിൽ മഹർഷി അദ്ദേഹം ധ്യാനിക്കണം എന്ന് പറഞ്ഞിട്ടാണ് രമണാശ്രമത്തിൽ വന്നത് പക്ഷെ പതിനാറ് വർഷത്തോളം അദ്ദേഹത്തിന് ധ്യാനിക്കാനേ സമ്മതിച്ചില്ല പതിനാറ് വർഷം കഴിഞ്ഞ് ഒരു ദിവസം ധ്യാനിക്കണമെന്ന് പറഞ്ഞ് പുറപ്പെട്ടാൽ തന്നെ മഹാഷ എന്തെങ്കിലും ജോലി പറയും അദ്ദേഹത്തിനോട് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കും ഒരു ദിവസം ഭഗവാൻ വിളിച്ചു പറഞ്ഞു ആശ്രമത്തിന് പുറകിൽ പലകോത്ത് എന്ന് പറയുന്ന സ്ഥലം അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു ഇനി എന്നെ കാണാനും വരരുതെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം ചോദിച്ചു ഭഗവാനെ ഞാൻ അവിടെ പോയി എന്ത് ചെയ്യണം എന്ത് വേണേ ചെയ്തോളൂ പക്ഷെ നീ നിന്നെ മറക്കരുത് നീ ആരാണെന്ന് മറന്നു കളയരുത് ശരീരം എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ അതിനകത്ത് എന്ത് പ്രവൃത്തി വേണമെങ്കിൽ ചെയ്തോളാം ശ്രദ്ധയെ സദാ ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് എന്നുള്ള വിചാരത്തിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ടേയിരിക്കാം നമുക്ക് ഉറപ്പുള്ള കാര്യം അതാണ് ഞാൻ ഉണ്ട് ഞാൻ ഞാൻ ഞാൻ എന്ന് അകമയ്ക്ക് സദാ ഒരു മന്ത്രം ഓടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മൾ എന്ത് മന്ത്രം ജപിച്ചാലും ഇത്രയധികം അത് ജപിക്കാൻ സാധിക്കില്ല ജനിച്ചത് മുതൽ തുടർന്ന് ധ്വനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രമാണത് അഹം അഹം അഹം അഹം അഹം ഈ ഒരു മന്ത്രവും അതിനെ കടത്തിവയ്ക്കാൻ പറ്റില്ല ആ മന്ത്രത്തിന്റെ മൂലം അന്വേഷിച്ചാൽ അതിന്റെ റിയൽ ഇമ്പോർട്ട് സത്യ എന്താണെന്ന് അന്വേഷിച്ചു നോക്കിയാൽ കാണാം അത് അഖണ്ഡാകാരമായ വസ്തുവാണ് ശുദ്ധ അത് ഈശ്വരസത്തെയാണ് നമ്മൾ എന്തൊക്കെ മന്ത്രജപമൊക്കെ ചെയ്യുകയാണെങ്കിലും ജപം ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഒരു ക്ഷണ നേരെ നിർത്തിയിട്ട് ജപിക്കുന്ന ഞാൻ ആരാണ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം എല്ലാ ജപവും അവസാനം അജപത്തിലെ അജപാജപം എന്ന് പറയും അജപാജപം എന്താന്ന് വെച്ചാൽ ഈ മന്ത്രം തനിയ ഓടലാണ് അജപാജപം എന്ന് പറയാം അതല്ല ജപിക്കാതെ ഒരു ജപം നമ്മളുടെ ഉള്ളിൽ നിന്ന് എടുക്കുന്നുണ്ട് വിത്തഔട്ട് ഓളിഷൻ ഒരു ധ്വനി ആ ധ്വനി ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നു ഏത് ഭാഷയിൽ പറഞ്ഞാലും വേണ്ടില്ല ആ ഒരു ധ്വനി ഒരു സ്പന്ദനം എക്സ്പീരിയൻസ് ഓഫ് എ സെന്റർ ആ സെന്റർ അത് ഈശ്വരന്റെ സെന്ററാണ് നമ്മളുടെ സെന്ററല്ല അത് നമ്മളുടെ സെന്ററായിട്ട് നമ്മൾ വിചാരിച്ചിരിക്കുന്നു അത് പരമാത്മാവിന്റെ സെന്ററാണ് ഭഗവാൻ തന്നെയാണ് നമ്മുടെ അന്തസ്സത്തെയായിട്ട് അഹമഹമഹം എന്ന് ധ്വനിക്കുന്നത് ആ ധ്വനി നമുക്ക് സർവതാ സിദ്ധിക്കുകയാണെങ്കിൽ അത് ആനന്ദസ്ഫൂർത്തിമയമാണ് അത് സ്ഫൂർത്തിമയമാണ് അത് സർവതാ സിദ്ധിക്കുകയാണെങ്കിൽ ശരീരം സദാ വ്യവഹരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും എന്തൊക്കെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈ ധ്വനി നമ്മളെ വിട്ടുപോവാതെ നിൽക്കും ആ ധ്വനി നമ്മളെ യഥാർത്ഥ സ്വരൂപത്തിൽ കൊണ്ടെത്തിക്കും ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് അകമേക്ക് തെളിഞ്ഞു പ്രകാശിക്കും അതാണ് ആത്മാനം ഈക്ഷേത്ര പരംപ്രപശ്യേത് തന്നെ താൻ കണ്ടാൽ പരമാത്മാവിനെ കണ്ടു തന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് അറിഞ്ഞാൽ ഭഗവാനെ അറിഞ്ഞു ണെന്ന് അറിഞ്ഞാൽ ഈശ്വരനും അറിയപ്പെട്ടിരിക്കുന്നു കാരണം ഈശ്വരൻ നമ്മളിൽ താൻ താനായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളുടെ സത്തയായി നമ്മളുടെ സ്വരൂപമായിട്ട് ജ്വലിക്കുന്നു ഭഗവാൻ അപ്പൊ സ്വരൂപത്തിനെ അറിഞ്ഞാൽ ഭഗവാനെ അറിഞ്ഞു ആ സ്വരൂപ വിടാതെ എന്തു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അത് അടുക്കളപ്പണിയായാലും ശരി യുദ്ധമായാലും ശരി വിപ്രപത്നികൾക്ക് അടുക്കളപ്പണി കൊടുത്തു ഭഗവാൻ അർജുനന് യുദ്ധം കൊടുത്തു രണ്ടുപേരും ഒരേ സ്ഥിതി ഈ ആത്മസ്ഥിതിയിൽ നിന്നുകൊണ്ട് യുദ്ധം എന്റെ സ്വധർമ്മമാണെങ്കിൽ ചെയ്യുക അടുക്കളപ്പണി സ്വധർമ്മമാണെങ്കിൽ ചെയ്യാം വൈദിക കർമ്മം സ്വധർമ്മമാണെങ്കിൽ ചെയ്യാം എന്ത് ആവട്ടെ ശരീരം ചെയ്യാമെന്ന് വെച്ചപ്പോ ഞാൻ വാക്കുകൊണ്ട് പറഞ്ഞു എക്സ്പ്രസ് ചെയ്യാൻ വരെ വാക്ക് അതറിഞ്ഞാൽ ഇത് തനിയെ ചെയ്യും ഗീത ഉപദേശിക്കുന്നത് അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കാനല്ല ആത്മസാക്ഷാത്കാരം ഉണ്ടാക്കാനാണ് ആത്മസാക്ഷാത്കാരം ഉണ്ടാക്കിയാൽ അർജുനൻ തനി യുദ്ധം ചെയ്യും തന്റെ സ്വധർമ്മം ചെയ്യാനുള്ള തടസ്സത്തിനെ നീക്കാൻ മാത്രമാണ് ഉപദേശം ഉപദേശം കൊണ്ട് ആ നീക്കിയാൽ നമ്മൾ എന്ത് ചെയ്യാനാണോ ഇവിടെ പിറന്നിരിക്കുന്നത് നമ്മൾ തടസ്സം കൂടാതെ ചെയ്യും സ്വധർമ്മം ഭംഗിയായിട്ട് നടക്കും അപ്പോ ഭഗവാൻ പറഞ്ഞു അർജുന അതുകൊണ്ട് പുറമേക്ക് ഉപേക്ഷിക്കല് അല്ല അകമയ്ക്ക് അഹങ്കാരമില്ലാതെ അയാൾ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് നിരന്തരം പ്രവർത്തിച്ചാലും സവിശിഷ്യത അടുത്ത ശ്ലോകം അതാണ് ഭഗവാൻ പറയണത് അയാൾ വിശിഷ്ടനാവുന്നു എന്നുവെച്ചാൽ അയാൾ യോഗിയാവുന്നു അയാള് യാതൊന്നും ബന്ധിക്കില്ല നാളെ തുടർന്ന് കാണാം ഓ